ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭാഷ്യകാലം പറയുന്നത് ബ്രഹ്മചോദന പുരുഷ അവബോധനം അവബോധോ അവബോധേ നീജ്യത യഥാക്ഷിക അവബോധെ തദ്വത്ത് ഇപ്പം ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഭാഷക അഭിപ്രായത്തിൽ എന്താണ് ബ്രഹ്മബോധം ബ്രഹ്മജ്ഞാനം പറയുന്നത് എന്താണ് ബ്രഹ്മത്തെ കുറിച്ചപ്പോൾ ഉപദേശിക്കുന്ന ശ്രുതിവാക്യം കേട്ടാൽ ആ വാക്യം കേൾക്കുമ്പോൾ കേൾക്കുന്നവന്റെ മനസ്സിലുണ്ടാകുന്ന ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് അതാണ് ബ്രഹ്മജ്ഞാനം സത്യജ്ഞാനന്ദ്ര തുടങ്ങിയ വാക്യങ്ങൾ തത്വമസി കേൾക്കുമ്പോ കേൾക്കുന്നവന്റെ ഉള്ളിലുണ്ടാകുന്ന അതിനാണ് ബ്രഹ്മജ്ഞാനം പറയും ഇതാ അഭിപ്രായം അഭിപ്രായം അപ്പോ സത്യജ്ഞാനന്ദം ബ്രഹ്മ എന്ന് കേട്ടുകഴിഞ്ഞാ കേൾക്കുന്ന എല്ലാവർക്കും ബ്രഹ്മജ്ഞാനം ഉണ്ടാവണ്ടേ അങ്ങനെയാണെങ്കി ഉണ്ടാവും പിന്നെ കേൾക്കുന്നവർക്കല്ല എന്ത് ഞാനുമായിരിക്കും ഉണ്ടാവുന്നത് എന്ത് ഞാനോ കഴിഞ്ഞ ദിവസം പറഞ്ഞൊന്നും ഒരു ബോധമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് പ്രസംഗിച്ചത് വെറുതെ ആയിരിക്കും അപ്പോ ഈ വാക്യങ്ങൾ കേൾക്കുമ്പോ ഒരാൾക്കുണ്ടാവുന്നത് യഥാർത്ഥമായ ജ്ഞാനം തന്നെയാണ് അത് ബ്രഹ്മജ്ഞാനം വേറെ ബ്രഹ്മജ്ഞാനം ഒന്നുമില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെ വാക്യം കേട്ട ബ്രഹ്മജ്ഞാനം ഉണ്ടാവും എന്തുകൊണ്ട് യോഗ്യത ഉള്ളതിനെ അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനം ഉണ്ടാകത്തുള്ളു അങ്ങനെയുള്ള യോഗ്യത എന്തൊക്കെ യോഗ്യത വേണ്ട അതെല്ലാം അങ്ങനെ യോഗ്യതയുള്ളവന് കേട്ടുകഴിഞ്ഞാൽ തത്ത്വസീന്നെല്ലാം കേട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കേൾക്കുമ്പം തന്നെ ബോധം ഉണ്ടാവും ആ ബോധം ആണ് അവന് ശബ്ദബോധമെന്ന് പറയാം ബ്രഹ്മജ്ഞാനം പറയാം അപരോക്ഷജ്ഞാനം പറയാം പിന്നെന്തു പറയും നിശ്ചയാത്മകമായ ജ്ഞാനം എന്ന് പറയാം ബോധംന്ന് പറയാം ഈ ബോധമല്ല എന്താണ് ഒരാൾക്ക് കേൾക്കുമ്പോ ഉണ്ടാകുന്ന ബോധമാണ് ഇത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഭാഷകാരന്റെ സിദ്ധാന്തം മനസ്സിലാക്കണം ഭാഷകാരന്റെ സിദ്ധാന്തമാണ് പറയുന്നത് എന്റെ സിദ്ധാന്തമാണ് ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നത് എപ്പോഴാണ് എപ്പോഴാണ്ടാവുന്നു എപ്പോഴാണ് ഒരാൾക്ക് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്ന ഇപ്പൊ ഉണർന്നിരിക്കുമ്പോ ജാഗ്രതായി കാരണം ഏത് സമയത്തായിരിക്കും ഇയാൾ കേൾക്കുന്നത് ഇത് ജാഗ്രത വളർന്നിരിക്കുന്ന സമയത്താണ് കേൾക്കുന്നത് അപ്പോ ആ കേൾക്കുന്ന സമയത്ത് തന്നെ എന്തുണ്ടാവും ബോധമുണ്ടാവും ശരി കേൾക്കുന്ന സമയത്ത് ബോധം ഉണ്ടായാ പിന്നെന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് അറിവില്ലായ്മ മാറുന്നു അജ്ഞാനം നശിക്കുന്നു ഇങ്ങനെ വാക്യം കേട്ട് ബോധം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് അജ്ഞാ ഇതൊക്കെ പറഞ്ഞേണോ അജ്ഞാനം നശിക്കുന്നു അജ്ഞാനം സംഭവിച്ചെന്ത് സംഭവിക്കുന്നു അജ്ഞാനം സംഭവ നശിക്കുമ്പോഴാണ് പറയുന്നത് സംസാരമുക്തി സംസാരത്തിൽ നിന്നയാള് മുക്തനായി ചെയ്തു ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് ോധമുണ്ടാകുന്ന സമകാലത്തെ തന്നെ ഏത് കാലത്തിലാണ് ബോധം ഉണ്ടാകുന്നത് അതേ കാലത്ത് തന്നെ അജ്ഞാനം നശിച്ചു അയാള് മുക്തനായി അയാള് മുക്തനെന്ന് പറയുന്നു അറിവ് വരുമ്പോ അറിവില്ലായ്മ പോകുന്നു അറിവില്ലായ്മ പോയി കഴിഞ്ഞാൽ അത് മുക്തനായി എന്തുകൊണ്ടായ മുക്തനായി എന്തുകൊണ്ടാണ് മുക്ത മുക്തനായത് കൊണ്ട് അറിവുകൊണ്ട് മുത്തനായി അതാണ് ഏവതു കൈബല്യം എന്നെല്ലാം പറയുന്നത് ജ്ഞാനം കൊണ്ട് മോക്ഷം എങ്ങനെയാണ് എന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും ചോദിക്കുമ്പോഴും അങ്ങനെ തന്നെ ഇത് അടിസ്ഥാനപരമായി ഇത് ആരുടെ സിദ്ധാന്തമാണ് ഭാഷ ശങ്കരായ സിദ്ധാന്തം ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അഥ എന്ന് പറഞ്ഞ അനന്തരം ഏതിനം സാധനചേഷ സംബന്ധിക്കാനന്തരം ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മവിചാരം അപ്പൊ ചോദ്യം വരും ഈ വാക്യങ്ങൾ കേട്ട ഉടൻ തന്നെ അയാൾക്ക് ബോധമുണ്ടായി അങ്ങനെ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ സാധന ചതുഷ്ട സമ്പത്തിയുടെ ആവശ്യമുണ്ടോ എന്തുകൊണ്ട് വേണ്ട കഴിഞ്ഞ ദിവസം പറഞ്ഞ വീണ്ടും അയാൾക്ക് സാധനം ചെയ്ത സമ്പത്തി വേണം ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് സാധനചെയ്തു സമ്പത്തി ആവശ്യമാണ് നല്ല ബോധം ഉണ്ടാകും പിന്നെ അങ്ങനെ ബോധമുണ്ടായി കഴിഞ്ഞാൽ അതന്നേരം നിത്യാനിത്യസുയോഗമെല്ലാം ഉണ്ടായി കഴിഞ്ഞു വിചാരം ചെയ്യണമെന്ന് പറഞ്ഞു ആ വിചാരത്തിന് വേണ്ടി വിചാരത്തിന് വേണ്ടിട്ടാണ് ബോധം ഉണ്ടാവാൻ വിചാരംന്ന് പറയുന്നത് ബോധമുണ്ടായി അപ്പം ഇയാൾക്ക് കേട്ട് കഴിഞ്ഞപ്പം ബോധം ഉണ്ടാകുന്നില്ലേ നേരത്തെ പറഞ്ഞത് പിന്നെ വിചാരം ചെയ്തെന്തിനാ ബോധം ഉണ്ടാകുന്നത് കേട്ടപ്പം ബോധം ഉണ്ടായില്ലേ പിന്നെന്താ ഏ ഞ കേട്ടൊന്നും മനസിലായില്ല അപ്പൊ അപരോക്ഷം എന്ന് പറഞ്ഞ അപ്പൊ എന്തിനാണ് പറയുന്നത് എന്താ ബോധം ഉണ്ടാവാത്തത് അവരോട് ഞാനൊന്നു പറയുന്നത് എന്താണ് സംശയം ഇതിനെ జ్ఞാന സംശയം വേറെ ഉള്ളതേ ജാനോണവരോക്ഷ ഞാൻ നേ അപ്പോൾ വാക്യം കേട്ട് കഴിഞ്ഞാൽ എന്തു തോന്നാറണ്ട് జ్ఞാന സംശയം ഇടാറാണ് ഹും జ్ఞാന സംശയം വലിയ അത് പുജ്യത ജാനോണ വാക്യമേ കേട്ടേ ം പറഞ്ഞു കഴിഞ്ഞാണ് പറഞ്ഞപ്പോ പറഞ്ഞതേ ഉള്ളൂ കുറച്ചു ശബ്ദം ശബ്ദം ഞാൻ പറഞ്ഞ എന്താ എന്താ പ്രത്യേകത അവിടെ സംശയം ഒന്നും ഇല്ല വിചാരം അവർക്ക് ഇത് സംശയം അപ്പൊ ജ്ഞാനം ഉണ്ടാകുന്ന ആർക്ക് സാധനചമ്പത്തി വിചാരം വേണ്ടേ പിന്നെ ബോധം ഉണ്ടെങ്കി പിന്നെ വിചാരത്തിന്റെ ആവശ്യമുണ്ടോ അതായത് അവിടെ മനസിലാക്കേണ്ട അധികാരി ഭേദം ശങ്കരാ പറയുന്നത് എന്താണ് ഉത്തമ അധികാരിഭേണം ഈ പറയുന്നത് മനസിലായ ഉപദേശം കേൾക്കുമ്പോ ആർക്കാണോ സംശയ അജ്ഞാൻ സംശയ വിവരങ്ങളില്ലാത്ത അപരോക്ഷമായ ശാബ്ദബോധം ഉണ്ടാവുന്നത് അവർക്ക് എന്തിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞെന്താണെന്ന് പറയുന്നത് ഉത്തമാധികാരിക്ക് എന്ത് വേണ്ട നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല വരുത്തനൊന്നും അറിയത്തില്ല അത് മാത്ര മനസിലാകും ശങ്കരാചാര്യന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്കാറും പേർക്കറിയത്തില്ല അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് വീണ്ടും ആവർത്തിക്കുകയാണ് സാധനച സമ്പന്നനായവൻ ഉത്തമാധികാരി അവനുപദേശം കേൾക്കുമ്പം തന്നെ ശാബ്ദബോധം ഉണ്ടാവും അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാവും അജ്ഞാന സംശയ വിപരീതരഹിതമായ ജ്ഞാനമുണ്ടാവും അജ്ഞാനം നശിക്കും അവൾ മുക്തനാണ് ഇത് ഇപ്പൊ ഞാൻ മനസ്സിലായത് എന്താ പറഞ്ഞത് ഉത്താധികാരി പറഞ്ഞത് ശബ്ദജ്ഞാന ഞാൻ എന്താ പറഞ്ഞത് ഉത്തമാധികാരി ആയിരിക്കുന്നവർക്ക് ശബ്ദജ്ഞാനോ എന്താണ് ഞാനെന്താ പറഞ്ഞത് മനസിലായിന്ന് പറയുന്നു എന്ത് മനസിലാക്കി ഞാൻ പറഞ്ഞതുപോലെ പറയണ്ട ഏകദേശം പോലും പറഞ്ഞാൽ ജനാധിക ഈ വാക്കിയെത്തുമ്പോൾ പിന്നെ ഞാൻ സംശയം അപ്പോഴേ കഴിഞ്ഞു ഉം പിന്നെ എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ പറയാത്തങ്ങനെ അവര് വിചാരത്തിന്റെ ആവശ്യമില്ലാന്ന് ഞാൻ പറയുന്നു ഒരു കാര്യം പറഞ്ഞിട്ടുടൻ ചോദിക്കുമ്പോഴത്തേക്ക് അത് മനസ്സില്ലെങ്കി പിന്നെന്താ എങ്ങനെ മനസ്സിലാക്കുന്നു ശങ്കരായര് പറയുന്നത് എന്താണ് ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോ സാധനചതുഷ്ടസമ്പന്നനായ ഒരുവന് ശബ്ദജ്ഞാനം ഉണ്ടാകും അതാണ് അതാണ് അജ്ഞാന സംശയവര്യങ്ങൾ നശിച്ച ജ്ഞാനം ആ ജ്ഞാനം ഉണ്ടാകുമ്പോ അജ്ഞാനം നശിക്കുന്നു അജ്ഞാനം നശിച്ചാൽ അവൻ മുക്തനായിത്തീരുന്നു ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞത് അവസാനത്തെ വാക്ക് മാത്രം മനസ്സിന് ബാക്കിയൊന്നും ആയിരിക്കും അതുപോലെ ഉപദേശങ്ങൾ വരെ ശാസ്ത്രജ്ഞണ്ടാവുന്നു അപരോക്ഷജ്ഞാനം സംശയം ഒരു കാര്യം പെട്ടുപോയി പ്രധാനപ്പെട്ട കാര്യം അവന്റെ അജ്ഞാനം നശിക്കുന്നു ആ ജ്ഞാനം കൊണ്ട് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു അജ്ഞാനം നശിച്ചു ക്തനായിരുന്നു അവിടെ ഒരു ചോദ്യം വരുന്നത് അവന് അത് കഴിഞ്ഞ് മുക്തനായി വിചാരത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള അവന് വിചാരത്തിന്റെ ആവശ്യമുണ്ട് ശ്രവണത്തിന്റെ ആവശ്യമുണ്ടോ ശ്രവണവും ആകാം നീത്യാസനത്തിന്റെ ആവശ്യമുണ്ടോ അതും ആകാം എല്ലവനാവശ്യമുണ്ട് സാധനമായിട്ട് സമ്പത്ത് വേണോ അതും വേണം എന്തുകൊണ്ട് ഉത്തമാധികാരിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ ഉത്തമാധികാരി ആണതിൽ ഉറക്കെ അതെന്ത് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കും സമാധിതരെയാണ് അതും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായി അവൻ മുക്തനായി കഴിഞ്ഞാലും അവൻ സന്യാസി സർവകർമ്മങ്ങളെയും പോഷിച്ചവനാണ് കർമ്മങ്ങളൊന്നും ചെയ്യാനല്ല പിന്നെ അവൻ എന്താ ചെയ്യേണ്ടത് സാധനചേഷ്ടമ്പത്തിയോടു കൂടി അവൻ ഇതിനെല്ലാം തുടർന്നുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടി തുടരുന്നു ജ്ഞാനം പുതിയ ജ്ഞാനം നേടാൻ വേണ്ടിയല്ല അജ്ഞാനത്തെ നശിപ്പിക്കാൻ വേണ്ടിയല്ല മുക്തിക്ക് വേണ്ടിയല്ല അതിന് ശങ്കരാചാര്യ പറയുന്നതാണ് ഇവരെ തീർത്താ പ്രാരബ്ദരൂപത്തിൽ തുടരുന്നു മുമ്പ് എന്താണോ അവൻ ശീലിച്ചത് അതെല്ലാം ചെയ്യുന്നു അവനിൽ പ്രാരബ്ദരൂപത്തിൽ അവനെല്ലാം തുടരുന്നു അതിനെ വേണമെങ്കിൽ ഞാനെ രക്ഷണിക്കാന്നും പറഞ്ഞു അതിനെയാണ് ഞാന നിഷ്ഠെന്ന് പറയുന്നത് അപ്പൊ ഞാന നിഷ്ഠനായിരിക്കും അപ്പൊ ഇതൊന്നും എന്താണ് സാനുജ സമ്പത്തി വേണ്ടെന്നോ ഈ പറയുന്ന ശ്രോണങ്ങ മനണങ്ങൾ വേണ്ടെന്നോന്നും അർത്ഥമുണ്ട് എല്ലാവനും തുറന്നുകൊണ്ടേരിക്കാം ഏതുവറന്നുകൊണ്ടിരിക്കും ഇതാണ് ഉത്തമ അധികാരി പ്രാരെറിച്ച് പറയുന്ന എല്ലാം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ അവൻ അതുവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ശ്രവണ മരണങ്ങളാണ് ജ്ഞാനം ഉണ്ടായി ഞാൻ അന്വേഷിച്ചു അവന് അവൻ മുക്തനായി പിന്നെ അവൻ എന്താ ചെയ്യേണ്ടത് പ്രാരബ്ധം തുറന്നുകൊണ്ടിരിക്കാന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം തുറന്നുകൊണ്ടിരിക്കുന്നു കർമ്മം ചെയ്യും അവൻ തന്നെ അകർത്താവായ ആത്മാവാണെന്ന് വിചാരിക്കുന്നുണ്ട് അറിയുന്നുണ്ട് കർത്തൃത്ത് ബുദ്ധിയുള്ള കർമ്മങ്ങളൊന്നും പിന്നെ അവന് ചെയ്യാൻ പറ്റിയില്ല അവൻ ചെയ്യുന്നു മനസ്സിലായു പിന്നെ അവൻ എങ്ങനെ ജീവിക്കുന്നുണ്ട് ജീവിക്കും ഇതാണ് ചുന്തരായും പറയുന്നത് പണം സമ്പാദിച്ചല്ല ജീവിക്കുന്ന ലക്ഷം വേറെ ഒരു പണി ലോക സേവനത്തിന് പോകും ലോകത്ത് നന്നാക്കാനൊന്നും അവൻ പോകുന്നില്ല ഗുരു പറഞ്ഞില്ലേ സന്യാസി ശങ്കരാഞ്ഞു ഞാൻ പറഞ്ഞല്ലോ പറയുന്നേ കാര്യ പറയുന്നത് ശങ്കരായ ശങ്കരായ പറയുന്ന അനുസരിച്ചാണ് ഗുരു പറയുന്നതിന് ശരിയാക്കാം ഒരു പരോപകാരി സന്യാസിന്ന് പറയുന്ന ആരെ കുറിച്ച് പറയുന്നത് ഗുരു പറയുന്നത് ത്യാഗം കൊണ്ട് ലോകത്തിലെ വിരക്തി വന്നവൻ സന്യാസത്തിലേക്ക് വരുന്നു അവൻ എന്തു ചെയ്യുന്നു പറയുന്നത് അവൻ പരോപകാരമായി ജീവിക്കുന്നു അങ്ങനെ പരാപകാരമായിട്ട് അവൻ എന്ത് എന്തിനു ജീവിക്കണം അതുകൊണ്ട് ലോകർക്ക് ഗുണമുണ്ടാകും അവന് ഗുണമുണ്ടാവും ചിത്തശുദ്ധി ആ ചിത്തശുദ്ധിയുള്ളവൻ അവൻറെ എന്ത് സംഭവിക്കും സാധാരണ ചിക സമ്പത്തിൽ സംഭവിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ എന്ത് ചെയ്യണം അവൻ പിന്നീട് ശ്രവണമെല്ലാം ചെയ്യും അങ്ങനെ ശ്രവണ മലനങ്ങളെല്ലാം ചെയ്യും അപ്പൊ ഈ ശ്രവണങ്ങളെല്ലാം ചെയ്യുന്നതിനു വേണ്ടി ചെയ്യുന്നതിനു വേണ്ടിട്ടാണ് അത് തത്വ ജ്ഞാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അവിടെ അധികാരി ഭേദം വന്നു ഉത്തമാധികാരിയുടെ കാര്യമാണ് ശങ്കരായുല് പറയുന്നത് ഉത്തമാധികാരി അല്ലെങ്കിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ അവനെന്ത് ചെയ്യണം പറയുന്നു ർമ്മയോഗം അനുഷ്ഠിക്കണം കർമ്മം ചെയ്യണം കർമ്മം ചെയ്യണം എന്താണോ അതിന് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അത് ശങ്കരായകർമ്മം എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രങ്ങളെ പറഞ്ഞിരിക്കുന്ന കർമ്മമാണ് പഴയ സ്മൃതികൾ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യണം ആ കർമ്മ ചെയ്തിട്ട് എന്ത് ചെയ്യണം അവൻ ചിത്തശുദ്ധി ചിത്തശുദ്ധി സമ്പാദിച്ചു കഴിയുമ്പോഴത്തേക്കാണ് വിരക്തി ഉണ്ടാവും സമ്പത്തിയുടെ ഭാഗമാണ് എന്ത് വിരക്തി വിരക്തി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു ഗുരുവിനെ സമീപിച്ച് ശ്രവണ മനനങ്ങൾ ചെയ്യുന്നു എന്തിനുവേണ്ടി ജ്ഞാനത്തിനുവേണ്ടി അജ്ഞാനനാശത്തിനു വേണ്ടി മോക്ഷത്തിനുവേണ്ടി ഇത് തന്നെ ഒരു തരത്തിൽ ഗുരുവും പറയുന്നത് എന്താണ് നിത്യാനിത്യവിവേകോഹിമാത്രോ സാധനച്യേഷ്ഠയ സമ്പന്നനായ ഒരുവൻ ഗുരുവിനെ സമീപിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് ജ്ഞാനത്തിന് വേണ്ടി സാനചിയെ സംബന്ധിക്കുന്നു അവർ കർമ്മം ചെയ്യുന്നു സാനചത്തിൽ വിരക്തനാവുന്നു പറയുന്നു അവിടെ സന്യാസം വന്നു കഴിഞ്ഞു എന്നിട്ടവുന്നു ഗുരുവിനെ സമീപിച്ച് മോക്ഷത്തിന്റെ ഉപായം എന്താണ് ശ്രവണ മനനങ്ങളൊക്കെ ചെയ്യുന്നു ഇത് ഗുരു പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ ശങ്കരാചാര്യ പറഞ്ഞ എന്താണ് ആദ്യം പറഞ്ഞ ഉത്തമാധികാരിയുടെ കാര്യല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് ഉത്തമധികാരി അല്ലാത്തവൻ അവൻ കർമ്മയോഗം ചെയ്ത് ചിത്തശുദ്ധി നേടി സാധനജ്യേഷ്ഠ്യസമ്പന്നനായ ശേഷം ജ്ഞാനത്തിന് വേണ്ടി ബ്രഹ്മവിചാരം ചെയ്യണം അതാണ് ഇവിടെ പറയുന്നത് അതാത് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നതാണ് സാധനച്യേഷ്ഠയ സംബന്ധിക്ക് ശേഷം ബ്രഹ്മവിചാരം ചെയ്യണം എന്നർത്ഥം അപ്പൊ എന്തുകൊണ്ടവന് സാധനച്യോഷത്തിശേഷം ബ്രഹ്മവിചാരം പ്രത്യേകം ചെയ്യേണ്ടി വന്നു ഉത്തമാധികാരി ഉത്തമാധികാരി ആയിരുന്നില്ല ഉത്തമാധികാരി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും എപ്പോ ആ ഉത്തമാധികാരം വെച്ചാൽ സാധന സമ്പന്നൻ അവന് ഉപദേശം കേൾക്കുമ്പം തന്നെ ജ്ഞാനം ഉണ്ടാവും ഉപദേശം കേൾക്കുമ്പം തന്നെ ഉണ്ടാവും അജ്ഞാനം നശിക്കും മുക്തനാവും എന്ന വിചാരത്തിന്റെ ആവശ്യം ഉണ്ടോ ഉണ്ടോ ഉണ്ടോ ൂപത്തിൽ വിചാരം ചെയ്യാം വിചാരം വേണ്ടെന്ന് പറയുന്നുണ്ടോ ഞാനുള്ളവനും വിചാരം ചെയ്യാം ജ്ഞാനം ഇല്ലാത്തവനും വിചാരം ചെയ്യാം ഞാനും ഇല്ലാത്തവൻ വിചാരം ചെയ്യുന്ന എന്തിനു വേണ്ടി കൊള്ളി വരും വിചാരം ചെയ്യുന്നതിനു വേണ്ടി അതിന് വേണ്ടിട്ടാണ് വേണ്ടി ജ്ഞാനം ഇല്ലാത്ത വിചാരം ചെയ്യുന്നത് ജ്ഞാനം എന്ന് പറയുമ്പോഴാണ് ജ്ഞാന സംശയം കാര്യങ്ങളില്ലാത്ത ഉറച്ച ജ്ഞാനം വേണോന്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയാറുണ്ടല്ലോ ഉറച്ച ജ്ഞാനം എന്താണ് ഈ ഉറച്ച ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അജ്ഞാന സംശയ വിവരങ്ങൾ ഇല്ലാത്ത ജ്ഞാനത്തിനാണ് ഉറച്ച ഞാനോന്നു പറയും അല്ല ജ്ഞാനത്തിന് വേറെ ഉറപ്പൊന്നു ജ്ഞാനത്തെ ഉറപ്പിക്കാൻ പറ്റിയൊരു സാധനമുണ്ട് മൂർത്തമായ ഒരു വസ്തുവല്ല കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കും ഉറപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ ഉറച്ച ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൃഢബോധൻ എന്താണ് ഗുരു തന്നെ പറഞ്ഞു ആരാണ് ദൃഢബോധൻ സംശയം ഗുരു പറഞ്ഞു ബോധത്തോടെ എന്തെങ്കിലും പറയൂ ബോധം ഇല്ലാതെ കുറച്ച് ബോധത്തോടുകൂടി പറയൂ ദടബോധനെന്ന് ഗുരു പറഞ്ഞാരെ ഈ വരുന്ന ആൾക്കാരൊക്കെ ചാക്കെട്ട് ഓരോടുത്ത് എന്താ പറയുന്നത് ഇതൊക്കെ തന്നെ പറയുന്നു യവധങ്ങളൊക്കെ തന്നെ അടിച്ചു കേറ്റിക്കൊടുക്കുന്നു പാവങ്ങളെ വരയ്ക്കുന്നത് എന്താണ് ദൃഢബോധനം എന്ന് പറയുന്നതിന് ഗുരു ഇതില്ല തെല്ലും എന്ന് പറഞ്ഞാൽ അജാന സംശയ വിര്യങ്ങളില്ലാത്തവനാണ് ഇതിട പോകുന്നത് വ്യക്തമായി പറഞ്ഞിരിക്കും ആരും ഇതൊക്കെ നടക്കും അപ്പൊ ഇത് ഭക്ഷ്യകാരന്റെ നിലപാട് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഭാഷകാരന്റെ നിലപാട് മനസ്സിലാക്കിയിട്ടുള്ള ഭാമധികാരം വ്യാഖ്യാൻ എഴുതിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത് ഇപ്പം ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ആവശ്യമാണ് എന്തിനു വേണ്ടി അജ്ഞാന കറക്റ്റ് ഭയങ്കര ഒരു സംഭവം നടക്കാനോന്ന് പറയുന്നത് കൂടിയേ തീരൂ അപ്പൊ ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും തമ്മിൽ എന്താ വ്യത്യാസമോ ശരി പിന്നെ ഏറ്റവും പ്രധാന വ്യത്യാസം ചോദ്യത്തിന് തന്നെയുണ്ട് ഉത്തരം എന്താണ് ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും നമ്മളുടെ വ്യത്യാസം എന്താണ് ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും നമ്മളുടെ വ്യത്യാസം എന്താണ് ബ്രഹ്മം അജ്ഞാനത്വം നശിപ്പിക്കുന്നില്ല ബ്രഹ്മജ്ഞാനമാണ് എന്ത് ചെയ്യുന്നത് ബ്രഹ്മ എന്തോണ്ടോ അജാനാശിപ്പിക്കുന്നുണ്ട് കൃത്യമായ അജാനം താശിപ്പിച്ചോ ഉം ബ്രഹ്മരാശയമാണ് അതുകൊണ്ട് ബ്രഹ്മ അജ്ഞാനത്തെ നശിപ്പിക്കുന്നില്ല ബ്രഹ്മം അജ്ഞാനത്തിന് വിരോധിയല്ല ബ്രഹ്മം അജ്ഞാനത്തിന് വിരോധി അല്ല അതുകൊണ്ട് ബ്രഹ്മ അജ്ഞാനത്തെ നശിപ്പിക്കുന്നില്ല എന്തുകൊണ്ടാണ് ബ്രഹ്മ അജ്ഞാനത്തെ നശിപ്പിക്കാത്തത് എന്തുകൊണ്ടാ ബ്രഹ്മോജ്ഞാനത്തെ ദിക്കാത്തത് എന്ത് വിരോധിയല്ല എന്ത് വിരോധിയല്ല ആര് വിരോധിയല്ല ആര് വിരോധിയല്ല ബ്രഹ്മം ബ്രഹ്മോജ്ഞാനത്തിന് വിരോധിയല്ല എന്തുകൊണ്ട് വസ്തുവാണ് ബ്രഹ്മം ബ്രഹ്മ എന്തുകൊണ്ട് അജ്ഞാനത്തിന് വിരോധിയല്ല ബ്രഹ്മ എന്തുകൊണ്ട് അജ്ഞാന വിരോധിയല്ല ബ്രഹ്മം എന്തുകൊണ്ട് അജ്ഞാന വിരോധിയല്ല ം ബ്രഹ്മത്തെ ആശ്രയിച്ചായിരിക്കുന്നു അതുകൊണ്ട് ബ്രഹ്മം അജ്ഞാന വിരോധിയല്ല എന്റെ തോളിലൊരാളെ ഇരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ ഞാൻ അയാൾക്ക് വിരോധിയായ അയാൾക്കോടെ ഇരിക്കാൻ പറ്റൂ എന്റെ തോൾ ഞാൻ ഒരാളെ കയറ്റിയിരിക്കുകയാണ് ഞാൻ അയാൾക്ക് വിരോധിയാണ് അയാൾക്കൂടെ ഇരിക്കാൻ പറ്റും ടുത്ത് പറഞ്ഞു ബ്രഹ്മം അജ്ഞാന വിരോധിയല്ല അജ്ഞാനം ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അജ്ഞാനം ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അത് വെച്ചാൽ ഇത്രേയുള്ളൂ ആരാണ് അജ്ഞാനി എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം ഞാൻ ഞാനാണ് അജ്ഞാനിയായിരിക്കുന്നത് ഞാൻ അജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അടുത്ത എന്നിൽ അജ്ഞാനം ഉണ്ടെന്നാണ് ഞാൻ ആരാണു ശരിക്കും ബ്രഹ്മം ബ്രഹ്മം അപ്പൊ അജ്ഞാനം എവിടെയിരിക്കുന്നു അപ്പൊ എന്നെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ ബ്രഹ്മം അജ്ഞാനത്തിന് വിരോധിയുണ്ട് അപ്പോ ഇനി അജ്ഞാനത്തിന് വിരോധിയായിട്ട് എന്ത് വേണം ബ്രഹ്മജ്ഞാനം വേണം ബ്രഹ്മജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കും എന്തുകൊണ്ട് അത് അജ്ഞാന വിരോധിയാണ് ബ്രഹ്മ വിരോധി അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം വേണ്ടത് ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും വ്യത്യാസമുണ്ട് ൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യാസങ്ങളാണ് ഈ പ്രക്രിയയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് മനസിലായ എല്ലാം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവിടെ വ്യത്യാസങ്ങളൊന്നും ഇവിടെ അങ്ങനെയല്ല പറയുന്നു എങ്ങനെ ഈ ബ്രഹ്മജ്ഞാനം പ്രവർത്തിക്കുന്നു എന്നും മനസ്സിലാക്കാനുള്ള പ്രക്രിയയിലാണ് ഈ വ്യത്യാസങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ എന്താണ് എല്ലാം ബ്രഹ്മം തന്നെ അവിടെ പിന്നെ ഏത് ബ്രഹ്മജ്ഞാനം ഏത് ബ്രഹ്മം ഏത് അജ്ഞാനം ഏത് മോക്ഷം എന്നൊക്കെ ചോദിക്കും അതല്ല അവിടെ പറയും യുന്നത് പ്രക്രിയ എന്ന് പറഞ്ഞാ എന്താണ് വിചാരീതി പറയുക അദ്വൈതികളുടെ ശങ്കരാചാര്യ വിരോധ വിചാര രീതിയാണ് അപ്പൊ ബ്രഹ്മത്തെ ആശ്രയിച്ച് അജ്ഞാനം ഇരിക്കുന്നു അതിനെ ബ്രഹ്മം നശിപ്പിക്കുന്നില്ല അതിനെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ എന്ത് വേണം ബ്രഹ്മജ്ഞാനം അപ്പൊ ബ്രഹ്മജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു അജ്ഞാനം നശിച്ചു അന്യറിഞ്ഞിരിക്കണം അടിസ്ഥാനപരമായി അതുകൊണ്ട് സാധനചമ്പന്നൻ ആയവനാണ് ബ്രഹ്മവിചാരം ചെയ്യേണ്ടതെന്ന് പറയുമ്പോ ഈ സാധനചൻ ആയവൻ ഉത്തമാധികാരിയാണോ ആണോ ഉത്തരവാധികാരിയാണോ എന്തുകൊണ്ട് എന്തുകൊണ്ട് തന്നെ സമാധികാരി എന്ന് പറയുമ്പോ അങ്ങനെയെന്താണോ ശ്രവണം കൊണ്ട് തന്നെ ഉണ്ടായും ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച് മുക്തനായി കഴിയും പിന്നെ ജ്ഞാനത്തിന് വേണ്ടിയായ്ക്ക് എന്തിന്റെ ആവശ്യമില്ല ജ്ഞാനത്തിന് വേണ്ടിയായ്ക്ക് വിചാരത്തിന്റെ ആവശ്യം സാധന ജേഷ സമ്പന്ന ഉത്തമാധികാരി എന്ന് പറയുമെങ്കിലും ഉത്തമാധികാരി തന്നെ വ്യത്യാസം ഉത്തമനിൽ തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ വ്യത്യാസമുണ്ട് ഉത്തമാധികാരികളിൽ ഫസ്റ്റ് ആണെങ്കിൽ ആർക്ക് ഉപദേശം കൊണ്ട് തന്നെ ഞാനുണ്ടാകും സെക്കൻഡ് ആണെങ്കിൽ സമ്പത്തി ഉണ്ട് ഉത്തമാധികാരിയാണ് പക്ഷെ കേട്ടു കഴിഞ്ഞപ്പോ വാക്യം ശ്രമിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് ഉണ്ടായി പക്ഷെ ഉണ്ടായോ മൊത്തമാകിയാല് സെക്കൻഡ് കേട്ടു അയാൾക്ക് ജ്ഞാനം ഉണ്ടായോ വിചാരത്തിന്റെ ആവശ്യമുണ്ടോ എന്തുകൊണ്ടത് ഉത്തമാക്കാനുണ്ടായി ഉത്തമാകിയാൽ സെക്കൻഡിന്റെ കാര്യം പറയു ഉപദേശം കേട്ട് ഞാനും ഉണ്ടായി സെക്കൻഡാണ് അയാൾക്ക് വിചാരത്തിന്റെ ആവശ്യം ഉണ്ടാവും അജ്ഞാന സംശയവിാര്യങ്ങൾ അയാളിലുണ്ട് അജ്ഞാന സംശയം ഞാനും ഉണ്ടായി പക്ഷെ അജ്ഞാന സംശയ വിവരങ്ങളോട് കൂടിയാണ് അപ്പൊ ഈ അജ്ഞാന സംശയവിാര്യങ്ങൾ മാറ്റാൻ വേണ്ടി എന്ത് വേണം വിചാരം കാര്യങ്ങളുടെ ഫസ്റ്റ് ആണെങ്കിൽ എന്തിന്റെ ആവശ്യം എന്താ പറഞ്ഞു കാര്യമാണെങ്കിൽ അതായത് ജ്ഞാനത്തിന് വേണ്ടി വിചാരത്തിന്റെ ആവശ്യം മോക്ഷത്തിന് വേണ്ടി വിചാരത്തിന്റെ ആവശ്യമുണ്ട് ആ സാധന ജനേഷ്ഠമ്പത്തിന്റെ ആവശ്യമല്ല ഒന്നും വേണ്ട ഉത്തമാധികാരികയാണെങ്കിൽ അയാൾ കേൾക്കുമ്പോൾ തന്നെ എന്തു വരുന്നു പിന്നെ അയാൾക്ക് വിചാരത്തിന്റെ ആവശ്യമുണ്ടോ വീണ്ടും പോയി ആ ജ്ഞാനത്തിനേണ്ടി വിചാരത്തിന്റെ ആവശ്യമുണ്ട് പിന്നെ വിചാരം പ്രാരത്തിന്റെ വെള്ളം പറയേണ്ടി വരും നിർത്താം